സിദ്ധസ <im> <trend> ശരി തദ്ദേശത്തി <coughs> <coughs> <hashi> <tab> അനന്ത ഭാഷയാണ് അന്നിമാത്രേ പശുഭൃത്തോകം പശവോ അനം അന്നി സ്ത്രീ വശ ഭൃത്യാധികം എന്നുള്ളതിനാഷികാരനോട് വിശദീകരിക്കുകയാണ് ദുഷ്ടശ അന്നശബ്ദ ശ്രുതിയിൽ അന്നം അവിടെ എത്തുന്നവര് സെന്റർ ലോകത്തെത്തുന്നവർ ദേവന്മാരുടെ അന്നമാണെന്ന് പറഞ്ഞു അന്നമെന്ന് പറഞ്ഞെന്താ ഉപകരണം എന്നാണ് ഭാഷകാരൻ പറഞ്ഞത് അന്നശബ്ദത്തിന് ഇങ്ങനെ ഉപകരണമെന്നുള്ള അർത്ഥം കിട്ടും ഭക്ഷണം അർത്ഥം അതിന് പ്രമാണം പറയുന്നു ദുഷ്ടസ് അന്നശബ്ദ ഉപകരണേഷൻ ഉപകരണം എന്നുള്ള അർത്ഥത്തിൽ അന്നശബ്ദം കണ്ടിട്ടുണ്ട് പറയാറുണ്ട് എന്നുപഭോഗവും നാസ്തി ഇവിടെ അഗ്നിഹോത്രാദി വൈദിക കർമ്മങ്ങൾ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തെത്തുന്നവർ അവിടെ അന്നമാകുന്നു എന്ന് പറയുമ്പോൾ ആ കർമ്മങ്ങൾ വ്യർത്ഥമാകുന്നു അവർക്കേവലം ദേവന്മാരുടെ സുഖത്തിന് ഉപകരണമാകുന്നു എന്ന് പറഞ്ഞാൽ ആ വൈദിക കർമ്മങ്ങൾ ആരും അനുഷ്ഠിക്കാവില്ല അപ്പം അതുകൊണ്ടിവിടെ അന്നം ഉപകരണം മറ്റൊ ഉപഭോഗ വസ്തു ഉപഭോഗ്യം ആണ് പക്ഷെ അതേസമയം അവർ അവിടെ സുഖം അനുഭവിക്കുന്നില്ല എന്നതുകൊണ്ട് അർത്ഥമാവുന്നില്ല അവർ സുഖം അനുഭവിക്കുന്നുണ്ട് പറയുന്നു പശു മൃഗം മൃഗം മനുഷ്യന്റെ ഉപകരണമാണ് പക്ഷെ ആ മൃഗത്തിനും ഭക്ഷണവും മറ്റും കിട്ടുമ്പോൾ അത് സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മറ്റൊന്നിനും ഉപഭോഗ വസ്തു ആകുന്നു ഉള്ളതുകൊണ്ട് അതിന് ഉപഭോഗമില്ല എന്നർത്ഥമില്ല എന്നാണ് നജദ്ദേഷ സ്ത്രീയാധീനം സ്ത്രീ തുടങ്ങിയവർ പുരുഷ ഉപഭോഗ്യത്വം സ്ത്രീ മറ്റും പുരുഷന്റെ ഉപഭോഗ്യവസ്തുക്കളാണോ അങ്ങനെയാണെങ്കിലും അപ്പുപയോഗമോ നാസ്തീതി നർക്ക് ഉപഭോഗമില്ല എന്നില്ല തസ്മാർ ദേവനാം ഉപഭോഗ്യാഹ അഭിസന്തക കർമ്മങ്ങൾ നിഷ്പ്രയോജനമാകുന്നില്ല എന്തുകൊണ്ട് കർമ്മികൾ ധൂമമാർഗത്തിലൂടെ ദേവലോകത്തെത്തിച്ചേർന്നവർ ദേവാണ് ഭോഗ്യ അഭിസന്ധ ദേവന്മാരുടെ ഉപഭോഗ്യ വസ്തുക്കളാകുന്നു പക്ഷേ അവർ സഖികളാണ് അവിടെ ദേവേ ഹി ക്രീഡന്തി അവരും ആനന്ദിക്കുന്നു ദേവന്മാരെങ്ങനെയാണോ ആനന്ദിക്കുന്നത് അതുപോലെ അവരും കൂടെ ആനന്ദിക്കുന്നുണ്ട് അതുകൊണ്ട് കർമ്മം വ്യത്ഥമല്ല ധൂമമാർഗത്തിലൂടെയുള്ള ഗമനം അവരെ സംബന്ധിച്ചിടത്തോളം ദുഷ്പ്രയോജനമല്ല ശരീരന്റെ തേക്ഷാം സുഖ ഉപഭോഗ യോഗ്യം ചന്ദ്രമണ്ഡല ആപ്യം ആരംഭ്യത ലോകത്ത് നിന്ന് ചന്ദ്രമണ്ഡല എത്തുന്നവർ അവരവിടെ ആനന്ദിക്കുന്നു പറഞ്ഞു ആനന്ദിക്കുന്നതിന് എന്താ അവർക്ക് ഉപകരണം എന്തുപയോഗിച്ചാണ് ആനന്ദിക്കുന്നത് പരിശോധിക്കാൻ കാരണം ഈ ജീവന്മാർക്ക് ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണം കരണം വേണം മനസ്സ് വേണം ഇതെന്നെ അവിടെ ഉണ്ടോ അത് എന്നാണ് ചോദിക്കുന്നത് ഇല്ലാതെ എങ്ങനെ അവിടെ സുഖം അനുഭവിക്കാൻ കഴിയും പറയുന്നു അവിടെ ആപ്യമായ എന്ന് പറഞ്ഞെന്താണ് ഇവിടെ അഗ്നിഹോത്തരത്തിൽ പയസ് ആഹൂതിയെ അർപ്പിക്കുന്നു അത് സൂക്ഷ്മമായി അഗ്നിയോട് ചേർന്ന് പരിണമിക്കുന്നു അങ്ങനെ അതാണോ മാധ്യമം അതിലൂടെ അത് ധൂമത്തിലൂടെ ചന്ദ്രലോകത്തിലെത്തിച്ചേരുന്നു അപ്പോൾ ഒരു സൂക്ഷ്മമായ മാധ്യമമുണ്ട് അതിനിടെ ആപ്യം എന്ന് പറയുന്നു ശ്രദ്ധ എന്ന് പറഞ്ഞു അത് ശരീരമായി മാറുന്നു ശരീരം സുഖ ഉപഭോഗയോഗ്യം അവിടുത്തെ ആനന്ദത്തെ അനുഭവിക്കുന്നതിന് യോഗ്യമായ ശരീരം ചന്ദ്രമണ്ഡലത്തിൽ ആപ്യം ആരഭ്യതേ അതിനാപ്യം എന്ന് പറയുന്നു അത് അത് സൂക്ഷ്മമായ വിലക്ഷണമായ ഒരു ഭൂതസംശയമാണ് അതിന് ഈ അഗ്നിഹോത്ര ആഹൂതി കാരണമായി തീരുന്നു അസൂക്ഷ്മമാണ് വേറെ മീമാസകര മറ്റും പറയും അതിഷ്ടം അവിടെ ശരീരത്തുണ്ടാക്കുന്നു പറയുന്നു അതിനിടെ ആപ്യം എന്നും വിഭാഷകാരം പറയുന്നു തദുക്കം ബ്രഹസ്ഥാ ശുദ്ധ ശ്രദ്ധ ശബ്ദ ആപോ ദിലോ സോമു രാജാ സംഭവം നേരത്തെ അത് പറഞ്ഞതാണ് എന്താണ് ശ്രദ്ധ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നുണ്ട് അതിന് ശ്രദ്ധ എന്ന് പേരും ജലീയമായ വസ്തുക്കളാണ് അർപ്പിക്കുന്നതുകൊണ്ട് ആപഹ എന്ന് പേര് വന്നു എന്ന് വിചാരിച്ചാൽ അത് ജലമോ ശ്രദ്ധയോ അല്ല സൂക്ഷ്മഭൂതങ്ങൾ ഇവിടെ ആഹൂതി അർപ്പിക്കുന്നവനെയും അതിന്റെ ഫലമായിരിക്കുന്ന സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ട് അതെന്താണ് അതൊരു സൂക്ഷ്മ വസ്തുവാണ് അതിനുള്ള ആപഹ എന്ന് പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മഭൂതമാണെന്ന് ഭാഷകാലം പറഞ്ഞു അതെങ്ങനെ ബന്ധിപ്പിക്കുന്നു ദുലോകോതം അവിടെ പറഞ്ഞു ദുലോകമാകുന്ന അഗ്നിയിൽ അതിനെ ഹവനം ചെയ്യുന്നു എന്നു ഇത് രണ്ട് സ്ഥലത്ത് സംഭവിക്കും ഒന്ന് ബാഹ്യമായി അഗ്നിഹോത്ര ആഹൂതിയെ സമർപ്പിക്കും ഇനി മാനസികമായി ഭാവന ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട് അതെങ്ങനെ സംഭവിക്കും പുറമേ പയസുണ്ട് അത് ജനമയമായ സാധനമാണ് പഞ്ചഭൂതാത്മകമാണ് അതിൻ്റെ ഒരു പരിണാമം എന്നുള്ള നിലയ്ക്ക് അതിന് രൂപാന്തരം പ്രാപിച്ച് അത് സൂക്ഷ്മഭൂതമായി അത് ചന്ദ്രലോകത്തിൽ ശരീരമായൊക്കെ മാറാം അതിന് സാധ്യതയുണ്ട് പക്ഷെ ഭാവനയിലെങ്ങനെ സംഭവിക്കും കേവലം ഭാവനയാണ് ഉപാസനം അവിടെ എങ്ങനെയാണ് അത് പരിണാമത്തിനുപകരിക്കും ആ ഭാവന അത് ഉപകരിക്കാൻ എന്തുകൊണ്ട് ഭാവന എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ് ഭാവന എന്ന് പറയുന്നത് മനോമയമാണ് മനസ്സും പഞ്ചഭൂതാത്മകമാണ് അത് സൂക്ഷ്മമാണ് ഭാവന കൊണ്ട് അവിടെയും മാനസികമായ സൂക്ഷ്മപരിണാമങ്ങൾ സംഭവിക്കുന്നു ആ പരിണാമം സഹായിക്കുന്നു ആദ്യത്തെ ലോകത്തിലെ ശരീരത്തിന് അനുഗതം പ്രാപ്യ ചന്ദ്രത്വംഭികസകൂർത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ അനിഷ്ട ഉപാസകൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉപാസന എന്നുള്ള അർത്ഥമാണ് ഭക്ഷ്യകാലം പറഞ്ഞു അവിടെ ഉപാസന ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക എന്നാണ് അർത്ഥം ഒരേ ശബ്ദത്തിന് തന്നെ സന്ദർഭം അനുസരിച്ച് അർത്ഥവ്യത്യാസം വരുന്നു ഒരു സ്ഥലത്ത് ഉപാസന എന്ന് പറഞ്ഞാൽ ഭാവന ധ്യാനം ഒരു ഉപാസന എന്ന് പറഞ്ഞാൽ ആ അനുഷ്ഠാനം തന്നെ കർമാനുഷ്ഠാനം ഇഷ്ടപുറത്ത് ദത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ താപഹ കർമ്മസമ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ പരിണാമങ്ങൾ അതിനാപ എന്ന് പറയുന്നത് അതെന്താണെന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല കാരണം അത് സ്ഥൂലമല്ല ആ പരിണാമം സംഭവിക്കുന്നത് അത്യധികം സൂക്ഷ്മമായിട്ടാണ് ആ പരിണാമം സംഭവിക്കുന്നത് ആ കർമ്മം ചെയ്യുന്ന ജീവനോട് ചേർന്നാണ് ബാഹ്യമായിട്ടല്ലോ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ഗ്രഹിക്കുമ്പോൾ മനസ്സുകൊണ്ട് വിഷയങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഭാവനയിൽ സങ്കല്പത്തിൽ സർവത്ര മാനസിക പരിണാമം സംഭവിക്കുന്നു അവിടെയെല്ലാം ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം സൂക്ഷ്മമാണ് സ്ഥൂലമായിട്ടുള്ള സൂക്ഷ്മമായി സംഭവിക്കുന്നു അത് സൂക്ഷ്മമായി സംഭവിക്കുന്നതുകൊണ്ട് ജീവൻ അത് അറിയാൻ കഴിയുന്നില്ല എന്ത് എവിടെ എങ്ങനെ സംഭവിക്കുന്നു എന്താണ് ഇതിൻ്റെ ഫലം ഒരു കർമ്മത്തിൻ്റെയും ആത്യന്തികമായ ഫലം എന്താണെന്നോ മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടത്തില്ല അതുകൊണ്ടാണ് അധിഷ്ഠം എന്നതിനെ വിളിക്കുന്നത് കാരണം അത് സംഭവിക്കുന്നതല്ല സൂക്ഷ്മത്തിലാണ് സ്ഥൂലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റൂ അങ്ങനെ സൂക്ഷ്മമായി സംഭവിക്കുന്നത് കർമ്മസമവായ അത് അവന്റെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് ഇഷ്ടാപൂർവദത്ത കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടത് ആ പരിണാമങ്ങളെല്ലാം സംഭവിക്കുന്നത് അന്തക്കണ്ണത്തിന്റെ തലത്തിലാണ് ഇതര ഈശ്വരഭൂതിയിലുഗതഹ കർമ്മങ്ങൾ അനന്തമാണ് ം കായികം മാനസികം അതിനനുസരിച്ച് അന്ധകരണത്തിന്റെ തലത്തിൽ നടക്കുന്ന തർണാമങ്ങളും ആനന്ദമാണ് അത് കേവലം ജലീയം പറയാൻ പറ്റില്ല അതാണ് പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ് ചന്ദ്രലോകം എന്ന് പറഞ്ഞാലും ആദിത്യലോകമെന്ന് പറഞ്ഞാലും എല്ലാം പഞ്ചഭൂതാത്മകമാണ് അത് മുമ്പ് പറഞ്ഞു എന്താണോ അത് ഏതാന്തര മാതരം പിതരഞ്ച എന്ന് പറഞ്ഞു അത് മാതാവിനും പിതാവിനും ഇടയ്ക്കുള്ള കാര്യങ്ങളാണ് മാതാവായിരിക്കുന്ന ഈ ലോകത്തിനും പിതാവായിരിക്കുന്ന ലുദ്ധ ലോകത്തിനും ജീവനെ സംബന്ധിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിസൂക്ഷ്മമായ പരിണാമങ്ങളാണ് വേദത്തിന് മാത്രം വെളിപ്പെടുത്താൻ കഴിയാമെന്നുള്ളതാണ് ഋഷിന്മാർ മാത്രം വെളിപ്പെടുത്തുന്ന അപ്പൊ അത്തരം പ്രണാമ പ്രണമിക്കുന്ന ഭൂതസൂക്ഷ്മങ്ങളോട് ആ ജീവൻ ചേർന്ന് അതാണ് ജീവനെ നയിക്കുന്നത് ദേവതാ സഹായത്തോടുകൂടി ദുലോകം പ്രാപ്യലോകത്തിലെത്തിച്ചേർന്ന് ചന്ദ്രത്വമാഹ ചന്ദ്രത്വത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രലോകത്തിൽ ആ ജീവന് നിലനിൽക്കുന്നതിനുള്ള മാറ്റങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു അതാണ് കർമ്മത്തിന്റെ ഫലം ശരീരാദ്യാരംഭിക അവിടെ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങളെല്ലാം അവിടെ ഉണ്ടാകും അവിടെ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് കാരണം ആനന്ദം അവിടെ അനുഭവിക്കണമല്ലോ അനുഭവിക്കണമെങ്കിൽ ഉപകരണം വേണം ഉപകരണമില്ലാതെ അനുഭവിക്കാൻ സാധിക്കും കരണങ്ങൾ ആവശ്യം ആനന്ദനുഭവത്തിലുള്ള കരണങ്ങൾ ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു ഇതെല്ലാം ഇഷ്ടാധിപാസ ഗാനാഭന്തി അത് ഇഷ്ട ൂർത്തദ്ദത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നു അഗ്നിദം യജമാനം ആവേശ ചന്ദ്രമണ്ഡലം പ്രാപ്യ കുശമൃത്തികാനീയ ബഹ്യശരീരാരംഭിക ഭവന്തിൽ അതെങ്ങനെ സംഭവിക്കുന്നു ജീവിച്ചിരിക്കുമ്പോ എന്തായാലും ചന്ദ്രലോകത്തിലോ സത്യലോകത്തിലോ എത്താൻ കഴിയില്ല അതിന് മരിക്കണം മരിച്ചാലും പോരാ അന്ത്യായം ശരീരാഹൂതൗതായ അന്ത്യഷ്ടന്ത്യകർമ്മം അനുഷ്ഠിക്കുമ്പോൾ പതുമെങ്ങനെ ആ അഗ്നിയിൽ തന്നെ ദഹിപ്പിക്കുമ്പോൾ വിധിവ അഗ്നിഹോത്ര ഉപയോഗിച്ച അഗ്നിയിൽ തന്റെ തന്റെ ശരീരത്തെ അതാണ് അവന്റെ ജീവിതത്തിലെ സർവ്വകർമ്മങ്ങളുടെയും പൂർത്തീകരണം അവിടെ സംഭവിക്കുന്നു സ്വന്ത ശരീരം അഗ്നിയിൽ ദഹിക്കുമ്പോൾ ഉദായം അഗ്നിന ദഹ്യമാണ് അത് താൻ ചെയ്ത കർമ്മത്തിന്റെ ഒരു തുടർച്ചയാണ് ഒരുവിനെങ്ങനെയാണോ ശ്രദ്ധയോടുകൂടി ആഹൂതി അഗ്നിയിൽ സമർപ്പിക്കുന്നു അഗ്നിഹോത്രത്തിൽ അവിടെ ആരംഭിക്കുന്നു പ്രണാമ മുഴും തവണ ആഹുതി പ്രണമിക്കുന്നു അതാ ജീവനോട് ചേരുന്നു ഈ പരിണാമങ്ങൾ പൂർത്തിയാകുന്നു സ്വന്തം ശരീരത്തെ അഗ്നിയിൽ സമർപ്പിക്കുന്ന അന്ത്യേഷ്ടി കർമ്മത്തെ അവിടെ സ്വന്തം ആ ജീവൻ്റെ ശരീരത്തിൻ്റെ സമാപ്തിയാണ് പക്ഷെ അത് കർമ്മങ്ങളുടെ സമാപ്തിയാണ് തലന്ത് അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ സമാപ്തിയാണ് ഇതാണ് ഈശാവാസ്യത്തിൽ വേറെ തരത്തിൽ പറയുന്നത് അഗ്നി നയസുപഥാരായി എവിടെയും പക്ഷിക്കാരൻ ഇത് കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അത് വ്യക്തമാക്കുകയാണ് ഇതിന് സർവകർമ്മങ്ങൾക്കും അവൻ ആ ജീവന്റെ ഗതിയുമായിട്ട് ബന്ധമുണ്ട് അത് കാണും ബോധപൂർവം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ മാത്രമല്ല ത്തിന്റെ ദഹനത്തിൽ വരെ ആ ബന്ധമുണ്ട് അഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം വൈദികർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവര് ഇഷ്ടപ്പെട്ട ദത്ത കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചാണ് ഇത് ഇത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചല്ല പറയുന്നു അവിടെ ഇങ്ങനെ ശരീരം എടുത്ത് കത്തിച്ചാലിതൊന്നും സംഭവിക്കത്തില്ല അതടുത്ത് വ്യക്തമായി പറയുന്നു ശരീരാഹു അഗ്നിഹു വ്യക്തമായി പറയുന്നു അഗ്നി അഗ്നിഹോത്രിയുടെ ശരീരം അഗ്നിയിൽ ദഹിക്കുമ്പോൾ അവിടെ അ പ്രണാമ സംഭവിക്കുന്നു ധൂമേന സൗഹൃദം നമ്മൾ കാണുന്നുണ്ട് അഗ്നി ജനിക്കുമ്പോൾ അഗ്നി ജലിക്കുന്ന മുകളിലേക്കാണ് അഗ്നി ഒരിക്കലും താഴോട്ട് ജലിക്കാറില്ല മുകളിലേക്ക് ചിങ്ങനിക്കുന്നു അതിൽ നിന്ന് വരുന്ന ധൂമം അതും ധൂമം എന്ന് പറയുന്നത് അഗ്നിമയമാണ് അഗ്നി അംശം തന്നെയാണ് മറ്റൊരു വസ്തു അല്ല അത് അതും ഊർജ്ജം പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു അവിടെ പോകുന്നത് അഗ്നിഹോത്രിയെ സംബന്ധിച്ചിടത്തോളം കേവലമായ അഗ്നിയോ അല്ലെങ്കിൽ നമ്മൾ ബാഹ്യമായി കാണുന്ന പുകയല്ലേ അതല്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ എന്താണ് എന്താ ഈ പുക നേരെ എന്തല്ലോ യഥമോ പിന്നോ അതല്ല മറിച്ച് ആ പഹ് അവിടെ സംഭവിക്കുന്ന ഒരു സൂക്ഷ്മപരിണാമം എന്താണ് എങ്ങനെയാണോ അഗ്നിഹോത്ര സംഭവിച്ചത് അതുപോലെ ഇവിടെ സംഭവിക്കുന്നു അത് എന്താണോ അതുവരെ പയസ് പാല പോലെയുള്ള സാധനങ്ങളാണ് അവിടെ ഹവിസായി അർപ്പിച്ചിരുന്ന അഗ്നി അഗ്നിക്ക് മാറ്റമൊന്നുമില്ല ഇവിടെ എന്ത് ചെയ്യുന്നു അഗ്നിഹോത്രി തന്റെ ശരീരത്തിന് അവിടെ ഹവിസായി അർപ്പിക്കുന്നു അതും ഒരു ഹവിസാണ് അപ്പോൾ ഹവിസ് അർപ്പിച്ചാൽ പ്രണാമം സംഭവിക്കും ഇവിടെ ശ്രദ്ധയോടുകൂടി ഹവിസർപ്പിച്ചു ആ പരിണാമത്തേനുള്ള ആപഹ എന്ന് പറയുന്നത് അതേ അഗ്നിയിൽ തന്നെ വിധി വിധിപ്രകാരം ശരീരമാകുന്ന ഹവിസനെ അർപ്പിക്കുന്നു അപ്പം അവിടെയും സ്വാഭാവികമായിട്ടും ആ പരിണാമം സംഭവിക്കുന്നു അതാണ് അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയത ഭാഷകാലം വെളിപ്പെടുത്തുന്നത് അപ്പം അതും ഒരു ഹവിസാണ് ആ ശരീരവും ഹവിസ് ആണ് അവിടെ സംഭവിക്കുന്നു ആ പരിണാമം മറ്റു സ്ഥലത്ത് എങ്ങനെയാണോ ആ സൂക്ഷ്മ ഭൂതങ്ങൾ ൌർദ്ധഗതിയെ പ്രാപിക്കുന്നത് ഔർദ്ധഗതിയെ സൂചിപ്പിക്കാനാണ് ധൂമം എന്ന് പറയുന്നത് അതിവിടെ സംഭവിക്കുന്നു ഊർദ്ധം യജമാനം ആവേശ ആ അതുവരെന്താ സംഭവിച്ചത് യജമാനൻ ഇവിടെ തന്നെയുണ്ട് കർമ്മം ചെയ്യുന്നവൻ ഇവിടെ തന്നെ ഉണ്ട് ഈ പ്രണാമം അവൻ്റെ അന്ധകരണത്തിലാണ് സംഭവിക്കുന്നത് ഇവിടെ അങ്ങനെ ശരീരം പോയി ജീവൻ സ്വതന്ത്രനായി ശരീരത്തിടുന്നു അപ്പൊ ഇവിടെ യജമാനാരാണ് ആ ജീവനാണ് അപ്പൊ ആ ജീവൻ ഇതോടൊപ്പം സഞ്ചരിക്കുന്നു ഇവിടേക്ക് ഊർദ്ധ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു യജമാനം അവജമാനെ ആവേശിച്ച് മാധ്യമം വേണമല്ലോ പ്രകാശ സഞ്ചരിക്കുന്നു പ്രകാശത്തിന് സഞ്ചരിക്കണമെങ്കിൽ ആകാശം എന്ന് പറയുന്നൊരു മാധ്യമമാണ് പ്രകാശത്തേക്കാൾ എത്രയോ സൂക്ഷ്മമാണ് ജീവചൈതന്യം ആ ജീവചൈതന്യത്തിന് സഞ്ചരിക്കുന്നതിന് ഒരു മാധ്യമം ആ മാധ്യമമാണ് അവൻ്റെ കർമ്മസംസ്കാരം എന്ന് പറയുന്നത് ഞാനിവിടെ ആപഹ എന്ന് അത് ആ മാധ്യമത്തിലൂടെ ജീവൻ സഞ്ചരിക്കുന്നു അതിനു സഹായിക്കുന്ന വഴികാട്ടികളാണ് ദേവതന്മാരെ കുറിച്ച് ചന്ദ്രമണ്ഡലം പ്രാപ്യ അങ്ങനെ ചന്ദ്രമണ്ഡലത്തിലെത്തിച്ചേരുന്നു പുഷ്യംകാനീയ ബാഹ്യശരീരാരംഭിക ഭവന്തി അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്താണ് ഈ പോകുന്ന ഈ കരണാമ സംഭവിച്ച സൂക്ഷ്മഭൂതങ്ങൾ അത് മണ്ണുകൊണ്ട് ഒരു പ്രതിമയുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രതിമയിൽ മണ്ണിനെന്താ സ്ഥാനം അതുപോലെ കുശ ഉണ്ട് ഒരു പ്രതിമയുണ്ടാക്കിയാൽ ആ പ്രതിമയിൽ കുശയ്ക്കെന്താ സ്ഥാനം അതുപോലെ ഇവിടെയും സംഭവിക്കുന്നു കുശമൃത്തിക സ്ഥാനീയാഹ അതുപോലെ ശരീരമായി പരിണമിക്കുന്നു ജീവന്റെ ശരീരമായി പരിണമിക്കുന്നു ഇവിടെ ഈ ലോകത്തിൽ ഇത് കേവലം ഭൂതപരിണാമമാണ് സൂക്ഷ്മപരിണാമം ഇവിടെ അത് ശരീരമാകുന്നില്ല കാരണം ഇവിടെ ഒരു ശരീരം ഉണ്ട് സ്ഥൂടെ ശരീരം ആ ശരീരത്തിൽ എന്ത് ചെയ്തു ഇവിടെ അഗ്നിഹോത്രി അഗ്നിയും സമർപ്പിച്ച് ഹവിസായി എന്നീടൊരു സ്ഥൂലഭാവം ഇല്ല എല്ലാം നശിച്ചു ആ സമയത്ത് അസൂക്ഷ്മപരിണാമം പഞ്ചഭൂതങ്ങൾ അത് ശരീരമായി പരിണാമിക്കുന്നു ഇവിടത്തെ ശരീരം അവിടെ ഇല്ല നഷ്ടപ്പെട്ടു ഇവിടെത്തന്നെ കളഞ്ഞിട്ടാ പോകും അപ്പം അവിടേക്ക് വേറെ ശരീരം ശരീരമില്ലെങ്കിൽ എന്താണോ ദേവന്മാരോട് പോലെ അവിടെ അവർക്ക് ആനന്ദിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ബാഹ്യ ശരീരാരംഭിക അവിടെയും ഒരു ആന്തരിക ശരീരം അവിടെയും ആത്മാവ് ഇത് തന്നെ അവിടെയും തന്നെ ശരീരേണ ഇഷ്ടാദിഫലം ഉപഭുഞ്ജാന തത്ഥേന ശ ശരീരേണ അങ്ങനെ അവിടെ ഉണ്ടായ ശരീരം ദിവ്യ ശരീരം ഭൗമമായ ശരീരമല്ല ദിവ്യമായ ശരീരമാണ് ശരീരം കൊണ്ട് ഇഷ്ടാദിഫലം ഇവിടെ ചെയ്ത കർമ്മങ്ങൾ ഇഷ്ട കൊടുത്ത ദത്ത തുടങ്ങിയ ആ കർമ്മങ്ങളുടെ ഫലത്തെ ഉപഭുഞ്ചാനാഹ അനുഭവിക്കുന്നു ആസത്തെ ഇപ്പം മരണശേഷമുള്ള കർമ്മികളുടെ ഉപാസകന്മാരുടെ ഗതി അതങ്ങനെ ഗതിയുണ്ടെന്ന് പറയല്ല മരിച്ചതിന് ശേഷം സത്കർമ്മങ്ങൾ ചെയ്താൽ സർഗത്തിൽ പറയുന്ന ധാരാളം ഇവരുണ്ട് പക്ഷെ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ വേദത്തിലാണത് വ്യക്തമായി വിശദീകരിക്കുന്നത് അങ്ങനെ അവരവിടെ അനുഭവിക്കുന്നു അതിനെയാണ് ഇവിടെ പറഞ്ഞത് തംദേവ ഭക്ഷയന്തി ദേവന്മാരവരെ ഭക്ഷിക്കുന്നു പറഞ്ഞാൽ വശ്യാർത്ഥത്തെ എടുക്കരുത് എന്നാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നു നാടത്തെ മന്ത്രത്തിൽ പറയുന്നത് अथ एदमेंध्वनिवर्तन यहां वायुर्भूत धूमो धूमो भूत अभ्रमती ഉപഭോഗി ആനന്ദാനുഭവത്തിനും നിമിത്തമായ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നത് ചന്ദ്രമണ്ഡലെ ഉഷിത്ഥാനന്തരം ഏതമേവ്യധ്വാനം മാർഗം പുനർനിവർത്തേ താപത് തസ്മിൻ ചന്ദ്രമണ്ഡലി ഉഷിത്വത്തിൽ വസിച്ചിട്ട് അതാനന്തരം തുടർന്നു ഏതേവണം അധ്വാനം എന്നി പറയാൻ പോകുന്ന വഴി അവർ മടങ്ങി വരുന്നു പുനർനിവർത്തന്ത ഇതി പ്രയുഗാത് പൂർവമി അസഹത് ചന്ദ്രമണ്ഡലം ഗതാ നിവർത്താശ്ച മാതി പുനർനിവർത്തുന്നത് എന്നാണ് പറയുന്നത് വീണ്ടും മടങ്ങി വരുന്നു എന്താ വീണ്ടും മടങ്ങി വരുന്നു എന്ന് പറയുന്നത് പലതവണ പോയി മടങ്ങി വന്നാലേ വീണ്ടും മടങ്ങി വരും എന്ന് പറയാൻ പറ്റും അപ്പോൾ ജീവൻ ആ ജീവൻ അനാദിയാണ് ഒരു ഇതെല്ലാം അനാദിയാണ് ജന്മം അനാദിയാണ് നിങ്ങളുടെ കർമ്മം അനാദിയാണ് പ്രപഞ്ചം അനാദിയാണ് ഈ ശരീരം അനാദിയാണ് അതുകൊണ്ട് പുനർ എന്ന് പറഞ്ഞു പുനർനിവൃത്തേതി പ്രകാ പുനർ അസഹ് ചന്ദ്രമണ്ഡലം ലതാ നിവൃത്ത പലതവണ ചന്ദ്രമണ്ഡലത്തിൽ പോയി മടങ്ങി വന്നിട്ടുണ്ട് എന്നത് ഒരാൾ വീണ്ടും ആഗ്രഹിക്കേണ്ട കാര്യമില്ല എനിക്ക് ഇനി വൈദികമായ കർമ്മങ്ങൾ ചെയ്യണം ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ആ ചന്ദ്രമണ്ഡലത്തെ കാണണം അവിടെ ദേവന്മാരോടൊപ്പം ആനന്ദം അനുഭവിക്കണം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഇത് പലതവണ കഴിഞ്ഞു ഇതിനകം തന്നെ അസഹൃത് പലതവണ പോയി വന്നു കഴിഞ്ഞു അസന്നിധി ഗംഭ്യത ലോക ഇഷ്ടാതികർമ്മിത്യ ചന്ദ്രം ഗച്ഛന്തി അതുകൊണ്ട് തക്ഷയെ ചാവർത്തന്തേ വീണ്ടും ഇതൊന്നുകൂടി ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ല ഇത് ഒന്നും ആദ്യം സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നത് അനാദിയാണ് എന്നത് കാരണം അതിലൊന്ന് കൊഴിയുന്നത് മുക്തന്മാത്രം ഈ സംഭവങ്ങളെല്ലാം എത്രയോ തവണ ആവർത്തിച്ചു കഴിഞ്ഞു ഈ പ്രപഞ്ചത്ത് ഇന്ന് സംഭവിക്കുന്നതല്ല ഒന്നൊഴികെ മുക്തനൊഴികെ ബാക്കിയെല്ലാം അതുകൊണ്ട് ഇതൊന്നും പുതിയതല്ല ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും പുതിയതല്ല എന്തെല്ലാം മാറ്റങ്ങൾ നന്മയും തിന്മയും എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം അനന്തമായ ആവർത്തിയിലൊന്നും മാത്രം ഇത്ര ആവർത്തി എന്ന് പറയാൻ പറ്റില്ല എത്ര തവണ പോയി വന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം അനാദി എന്ന് പറയുമ്പോൾ അത് അനന്തവുമാണ് അപ്പൊ ഒരു ഭാഗം മാത്രം വെളിപ്പെടുന്നതാണ് വർത്തമാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പലതവണ ഇതിൽ നിന്നും മുക്തനാകാൻ കഴിയാതെ കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു ഒരു വ്യത്യാസം കൂടാതെ ഇങ്ങനെ ഇതൊക്കെ പുതുമയാണ് ലോകം പരിണമിച്ച് പുതിയൊരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വൃദ്ധ സങ്കല്പിക്കുകയാണ് ഇതൊന്നും പുതിയ ദിശയല്ല ഇതെല്ലാം വളരെ പഴയ ദിശയാണ് പണ്ട് പോയ തന്നെ വീണ്ടും പോകും വീണ്ടും പിന്നിലേക്ക് വീണ്ടും ഇത് സംഭവിക്കുന്നു ഇതിന്റെ ഗതി ചാക്രിയമാണ് എന്നുവെച്ചാൽ ഇതിങ്ങനെ ഒരു വൃത്തം പോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഒന്നുകഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു അസകൃത് ചന്ദ്രമണ്ഡലം ഗതാ നവൃത്താശാസന് അതുകൊണ്ട് പലതവണ പോയി വന്നു കഴിഞ്ഞ ചന്ദ്രമണ്ഡലത്തിലും ഇതിന് തസ്മാതിഹ ലോക ഇഷ്ടാദി കർമ്മഭജിത്യ ചന്ദ്രം ഗച്ഛന്തി അതുകൊണ്ട് ഈ ജന്മത്തിലും ഈ കൽപ്പത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെയും ഇഷ്ടാദി കർമ്മ ഉപചരിച്ച് ഇഷ്ടാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ചന്ദ്രം ഗച്ചതി ചോദിക്കും അത് ഇപ്പോൾ നമ്മളാരും ഇത് ചെയ്യുന്നില്ല പോകുന്നില്ല അതൊക്കെ പലതവണ ചെയ്തു കഴിഞ്ഞു ഒരു കല്പത്തിൽ തന്നെ പലതവണ ചെയ്തു ഇപ്പം ചെയ്യുന്നില്ലല്ലേ ഇനിങ്ങോട്ടും ചെയ്യത്തില്ല പക്ഷെ വീണ്ടും ചെയ്യേണ്ടി വരും കല്പാവസാനത്തിൽ അടുത്ത കൽപ്പം വീണ്ടും ആവർത്തിക്കുമ്പോൾ ദീർഘമായ പ്രളയത്തിന് ശേഷം വീണ്ടും ഇതെല്ലാം ആദ്യം പോലെ എല്ലാം ആവശ്യിക്കുന്നു വാനര വാനരനാകുന്നു പിന്നെ മനുഷ്യനാകുന്നു ഇതൊക്കെ ചെയ്യുന്നു ഇതെല്ലാം ആവർത്തിക്കുന്നു തക്ഷയേക്ക് ആവർത്തന്തി ക്ഷണം മാത്രമോ വിത്തത്ര സ്ഥാപന ലഭ്യതയെ പക്ഷേ ഒരിടത്തോന് സ്ഥിരതയില്ല സംസാരത്തിന് സ്ഥിരതയില്ല അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും ഇവിടെ നിന്നാ ഇവിടെ നിന്നും പോകേണ്ടി കഴിഞ്ഞു ക്ഷണമൊക്കെ അവിടെ ഉറച്ചിരിക്കാം എന്ന് വിചാരിച്ചാൽ ഓരോരുത്തും സാധ്യമല്ല സ്ഥിതി നിമിത്ത കർമ്മക്ഷയ എന്നുകൊണ്ട് കർമ്മം ക്ഷയിച്ചു പോകും കർമ്മം ക്ഷയിക്കുന്നതുവരെ ഇവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക സ്നേഹക്ഷയാധിപ്ര ദീപസ് ദീപം ഏതുവരെ ജലിക്കും എണ്ണ പറ്റുന്നതുവരെ അതുവരെ ദീപത്തിന് ജലിക്കാൻ പറ്റും അതുതന്നെ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ കർമ്മം ക്ഷയിക്കുമ്പോൾ ശരീരം നശിക്കുന്നു ഇവൻ വിടുന്നു അവിടെ സ്നേഹക്ഷയാണ വറ്റുമ്പോൾ ആ കർമ്മങ്ങൾ ക്ഷയിക്കുമ്പോൾ അവിടെ വിടുന്നു ഇത് എത്രയോ തവണ ആവർത്തിച്ചു അതുകൊണ്ട് തന്നെ സംസാരം വിളിക്കുന്നു ഇതിൽ നിന്നുള്ള മോചനം അതാണ് സംഭവിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ വർണ്ണിക്കുന്ന ഭാഷകാലം എന്തിനൊക്കെ വർണ്ണിക്കണം അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ആരും പോകുന്നത് കാണുന്നില്ല വരുന്നത് കാണുന്നില്ല ഇന്ന് സംസാരത്തിന്റെ വ്യാപ്തി കാണിക്കുകയാണ് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതൊന്നും മോചനത്തിനൊരു വഴിയുണ്ട് ഇത് അവസാനിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ട് വർണ്ണിക്കുന്നു വിവേകിയിൽ അത് മനസ്സിലാക്കും ഇതിങ്ങനെ പോകുന്ന കാര്യമില്ല ഇതിലവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നതിൻ്റെ മാർഗങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കും തത്രയ്ക്കും ഏനു കർമ്മ ചന്ദ്രമണ്ഡലം തസ്യ കർമ്മശേഷിയെ തസ്മാവരോഹണം ഇവിടെ സംശയമാണ് ഒരാൾ ഒരു കർമ്മത്തെ സമ്പാദിച്ചു ഇവിടെ ഒരു സംസ്കാരത്തെ സമ്പാദിച്ചു നേരെ ചന്ദ്രമണ്ഡലത്തെ അവിടെ പറഞ്ഞു വ്യാപസംവാദം കർമ്മക്ഷേമരെ അവിടെ താമസിക്കുന്നു അവിടെ സർവകർമ്മങ്ങൾ ക്ഷയിക്കുകയാണോ അവിടെ അതോ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ പത്രം കർമ്മ ചന്ദ്രമണ്ഡലന്മാരുടെ സർവസ്യ സർവകർമ്മം ക്ഷമിക്കുകയാണ് അവിടെ നശിക്കുന്നു തസ്മാത് അവരോഹണതിനു ശേഷം അവിടെ നിന്ന് അവരോഹണം ഇറക്കം ആരോഹണം കയറ്റം ആ ഇറക്കത്തിൽ സർവ അവിടെ ഒടുങ്ങിയിട്ടാണോ വരുന്നത് കിം ഭർത്താവശേഷോ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ ഇത് വിവാദമുള്ള കാര്യമാണ് ഭാഷകാരന് മുമ്പും പലരും ഈ വിഷയത്തെക്കുറിച്ച് പല കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു അതുകൊണ്ട് ഭാഷകാരൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് കിം എന്താ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ് ഒരുപക്ഷെ ചോദിക്കുന്നു എന്തുമായി അവിടെ പോയി കർമ്മം അവസാനിച്ചു ഇവിടെ തിരിച്ചു വന്നു ഇത്രേം അറിഞ്ഞാൽ പോരെ പിന്നെ മുഴുവൻ ഒടുങ്ങിയോ പിന്നെ ശേഷിക്കുന്നു ഇത്തരം അനാവശ്യമായ പ്രശ്നങ്ങളൊക്കെ എന്തിനാണ് അതിനു സമാധാനം പറയുന്നു യതി സർവ്വസേവക്ഷ കർമ്മ ചന്ദ്രമണ്ഡല മോക്ഷപ്രാപ്തീപം എന്ന് പറയുന്നതിന്റെ അർത്ഥം കർമ്മം ക്ഷയിച്ചപ്പോഴെന്നാണ് അവിടെ സർവകർമ്മങ്ങൾ ക്ഷയിച്ചെങ്കിൽ അവിടെ വച്ച് മോക്ഷം കിട്ടും അത് പറയുന്നുണ്ട് ആദ്യത്തെ ലോകത്തിൽ സർവകർമ്മങ്ങൾ ക്ഷയിച്ച് അവിടെ ചിലർക്ക് മോഷം കിട്ടുന്നു എന്ന് പറയുന്നു അങ്ങനെ പറയുന്നു കർമ്മം ക്ഷയിക്കാത്തവർ മടങ്ങി വരുന്നു എന്നും പറയും ചന്ദ്രലോകത്തിലോ സംഭവിക്കുമോ സർവകർമ്മവും ക്ഷയിച്ച് അവിടെ വെച്ചൊരാൾക്ക് മുക്തനാകാൻ കഴിയുമോ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് സർവ സൈവക്ഷോക്ഷാപ്താപ തത്രയോ മോക്ഷസ്യവേദി എന്തിനാ അതൊക്കെ ചിന്തിക്കാൻ പോകുന്നു എന്നാ കർമ്മം ചെയ്യിച്ചോട്ടെ അങ്ങനെ സ്വീകരിച്ചോട്ടെ എന്തിനു ചിന്തിക്കണം തദാഗത ശരീരം ഭോകാതിന് സംഭവം അവിടെ കർമ്മം ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വരുന്നു എന്ന് പറയും അതങ്ങനെ സംഭവിക്കും വന്നുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീണ്ടും എങ്ങനെ ശരീരം ലഭിക്കും അതിനൊക്കെ സമാധാനം പറയേണ്ടി വരും തദശി ക്ഷീണ അതുകൊണ്ട് അനുഭൂയ വിശിഷ്ടമ പ്രതിബദ്ധ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഗൗതമസ്മൃതിയാണ് ചങ്ങരയാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മൃതിയാണ് ഗൗതമ സ്മൃതി അതിൽ പറയുന്നുണ്ട് എന്താണോ തഥശേഷേന്ന് പിന്നീട് അവന്റെ കർമ്മത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ വന്ന് വിശിഷ്ടമായ ദേശകാലങ്ങളിൽ ജനിക്കുന്നു കർമ്മത്തിനനുസരിച്ച് അനുകൂലമായ രൂപം സ്ത്രീ പുരുഷൻ തുടങ്ങിയ രൂപം ആയുസ് അല്പായുസ് ദീർഘായുസ് തുടങ്ങിയ എല്ലാം അവനൂടെ ലഭിക്കുന്നു വിദ്യ വിത്തം ബുദ്ധി ആനന്ദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവനൂടെ ലഭിക്കുന്നു അതിലെല്ലാം ഈ കർമ്മവിശേഷിച്ച കർമ്മങ്ങൾ കാരണമാണോ അതാണല്ലോ ഒരാൾ അനുകൂലമായ സാഹചര്യത്തിൽ ജനിക്കുന്നു ചിലർ പ്രതികൂലമായ സാഹചര്യത്തിൽ ജനിക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അനുഭവത്തിലാണ് എന്താ കാരണം അങ്ങനെ വരുന്നത് ജീവന്മാർ എല്ലാ ശരീരത്തിലും ഇരിക്കുന്നത് ജീവന്മാരാണ് തുല്യമാണ് ചൈതന്യമാണ് പക്ഷെ ചിലർക്ക് വളരെ അനുകൂലമായ സാഹചര്യം കിട്ടുന്നു ഭൗതികമായും ആധ്യാത്മികമായും ചിലർക്കങ്ങനെയല്ല വളരെ പ്രതികൂലമായ സാഹചര്യം കിട്ടുന്നു ചിലരനുകൂല സാഹചര്യത്തെ നശിച്ചു പോകുന്നു ചിലരനുകൂല സാഹചര്യത്തെ രക്ഷപ്പെടുന്നു ചിലര് പ്രതികൂല സാഹചര്യത്തിലും ഉയർന്നു വരുന്നു ചിലർ പ്രതികൂലത്തിൽ നശിച്ചു പോവും അപ്പോ ഈ വൈചിത്രിയും ജീവലോകത്ത് കാണുമ്പോണ്ട് ഇതെന്തുകൊണ്ട് ഇതിനെന്ത് കാരണം കർമ്മമാണ് കാരണം അതാണ് പറഞ്ഞു വരുന്നത് അതാണ് പറയുന്നത് അതുകൊണ്ട് സർവകർമ്മവും അവിടെ ഉടങ്ങുന്നില്ല ഞാനും ഇഷ്ട കൊടുത്ത ദത്ത വ്യതിരീകീണാകെ മനുഷ്യരോഗി ശരീര ഉപഭോഗ നിമിത്താന് കർമ്മ അനേകാനു സംഭവം അധികം ചന്ദ്രമണ്ഡല ഉപഭോഗ അത് അക്ഷീണാനുക്കാനി അത് പറയുന്നു ഒരുവൻ ഇവിടെ വന്നു അവന്റെ പുണ്യം കൊണ്ട് അവൻ അനുകൂലമായ സാഹചര്യങ്ങളിൽ ജനിച്ചു പുണ്യം കൊണ്ട് സംഭവിക്കുന്ന അനുകൂലമായ സാഹചര്യമാണോ എവിടെയാണോ അവന് ഈ ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം കിട്ടുന്ന അങ്ങനെ സ്ഥലത്ത് അങ്ങനെയുള്ള വിശിഷ്ടമായ ദേശകാലങ്ങൾക്ക് അനുകൂലമായ സ്ഥലത്ത് അവന് ജനിക്കാൻ പറ്റും സുഹൃതികൾക്കേ പറ്റും അത് പഴയകാലത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് വിശിഷ്ടമായ ജാതിയിൽ ജനിക്കുക വിശിഷ്ടമായ ഗോത്രത്തിൽ ജനിക്കുക ചുറ്റുപാടുകൾ ജനിക്കുക അവിടെ അതിനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്നെല്ലാം മാറി അതങ്ങനെ വിശിഷ്ടമായ സാഹചര്യം ഏതൊന്നും മുൻകൂട്ടി നിശ്ചയിക്കാൻ മതി എന്തായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജനിക്കുന്നു ഇഷ്ടപൂർത്ത ദത്ത വ്യതിരേകനാവി ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യത്തക്ക സാഹചര്യങ്ങൾ അവിടെ ജനിക്കുന്നു അത് മനുഷ്യരോഗി ജനിക്കുന്നു അവൻ അവിടെ കർമ്മം ചെയ്യുന്നു അനുകൂലമായ കർമ്മങ്ങൾ ചെയ്യുന്നു അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ അവസരം അജീവനേത് രൂപത്തിൽ വന്നാലും ശരി പുരുഷനായി വന്നാലും ശരി സ്ത്രീയായി വന്നാലും ശരി അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ജനിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ജനനത്തോടു കൂടി അത്തരം സാഹചര്യങ്ങൾ അവരെ എത്തിക്കുന്നു അത് സംഭവിക്കുന്നതാണ് കർമ്മത്തിൻ്റെ ശക്തി അവിടെ അത് ചെയ്യുന്നു പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റു കർമ്മങ്ങളും ചെയ്യുന്നു മറ്റു കർമ്മങ്ങളും ചെയ്യാം അങ്ങനെ വരുന്നവന് തന്നെ എന്താണ് പൂർവ്വ ജന്മങ്ങൾ ചെയ്ത മറ്റ് കർമ്മങ്ങളുടെ സംസ്കാരവും കാണും കാരണം ഇഷ്ടപൂർത്ത ദത്ത ബെതിരേഖനാകി മനുഷ്യരോഗയും ശരീര ഉപഭോഗ നിമിത്താനും കർമ്മ അനേകാന് സംഭവം ഈ കർമ്മങ്ങൾ അനേകമാണ് ഓരോ ചിന്തയും ഓരോ വാക്കും ശരീരത്തിൻ്റെ ഓരോ ചലനം പോലും കർമ്മമാണ് മനസ്സിൻ്റെ ചലനം കർമ്മമാണ് ഓരോ ഇന്ദ്രിയങ്ങളുടെയും ചലനം കർമ്മമാണ് ഇഷ്ടാപൂർത്ത ദത്തം എന്ന് പറയുന്നത് മാത്രമുള്ള കർമ്മങ്ങൾ അനേക കർമ്മങ്ങളുണ്ട് എന്നേഷാം ചന്ദ്രമണ്ഡലം ആ കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ ഫലം അതിനെ ചന്ദ്രമണ്ഡലത്തിൽ അതിൻ്റെ അനുഭവമുള്ള കാരണം ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപകർമ്മങ്ങളുണ്ട് ആ പാപകർമ്മങ്ങളുടെ ഫലമായ ദുഃഖം അവിടെ അനുഭവിക്കുന്നില്ല അവിടെ സത്കർമ്മങ്ങളുടെ ഫലമായ പുണ്യം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ അപ്പോൾ ആ കർമ്മങ്ങൾ അതോ അക്ഷീനെത്താനെ അത് ക്ഷയിക്കുന്നില്ല നശിക്കുന്നില്ല മറ്റു കർമ്മങ്ങൾ ഏത് കർമ്മമാണോ ചന്ദ്രമണ്ഡലത്തിൽ എത്താൻ സഹായിച്ചത് ആ കർമ്മങ്ങളുടെ ഫലം അവിടെ അനുഭവിക്കുമ്പോൾ കർമ്മം ക്ഷയിച്ചു അത് ക്ഷയിക്കുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് തീർന്നുപോകുന്നു ഭക്ഷണം വയറ് നിറയുക ഭക്ഷണം തീരാതിരിക്കുക സംഭവിക്കില്ലല്ലോ വയറം നിറയുന്നതിനനുസരിച്ച് ഭക്ഷണം തീർന്നുകൊണ്ടേ അതുപോലെ ആനന്ദം അനുഭവിക്കുന്നതിനനുസരിച്ച് കർമ്മം ക്ഷയിച്ചുകൊണ്ടേ വരും ദീപൻ ജനിക്കുന്നതിനനുസരിച്ച് എണ്ണ വറ്റിക്കൊണ്ടിരിക്കും പക്ഷേ അതിനുമ്പുള്ള അനേക ജന്മങ്ങളിലെ കർമ്മങ്ങൾ കർമ്മം എന്നുകൂടെ പറയുന്നു കർമ്മ സംസ്കാരം അത് ക്ഷയിക്കുന്നില്ല അതാ ജീവന് തന്നിമിത്തം ചന്ദ്രമണ്ഡലം അതുകൊണ്ട് എന്നിമിത്തം ചന്ദ്രമണ്ഡലം ആരൂഢ ഏതൊരു കർമ്മമാണോ അയാള് ചന്ദ്രമണ്ഡലത്തിൽ എത്തിച്ചത് തനിവ ക്ഷീണാനി അതാണ് നശിച്ചത്യവിരോധ അതുകൊണ്ട് വിരോധമില്ല ശേഷ ശബ്ദം കർമ്മത്വസാമാന്യാരുദ്ധ തത് ശേഷേണ എന്ന് പറയുന്നത് എന്താണോ മറ്റു കർമ്മങ്ങൾ ഏതെല്ലാം കർമ്മിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം സംസ്കാരം അത് ശേഷിക്കുന്നതുകൊണ്ട് അതനുസരിച്ച് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വന്നിട്ട് ഏത് ജന്മമാണോ കിട്ടേണ്ടത് അത് പ്രാപിക്കുന്നു അതേ വെച്ചാൽ എത്രയോ മോക്ഷ സാധ്യത അതുകൊണ്ട് തന്നെ എന്താണോ അവിടെ മോക്ഷം സംഭവിക്കുന്നില്ല ഒരു ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്ത് ചന്ദ്രമണ്ഡലത്തിൽ എത്തിയിട്ടും അവിടെ മോക്ഷം ലഭിക്കുന്നില്ല ജന്തു ആരംഭകത്വ സംഭവാ വിരുദ്ധങ്ങളായ വിരുദ്ധങ്ങളെന്ന് പറയുന്നതാണ് മനുഷ്യൻ പശു പക്ഷി തുടങ്ങി വിരുദ്ധങ്ങളായ അനേക യോന്യ ഉപഭോഗ ഫലാനാം അനേക ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടതുണ്ടവൻ കർമ്മങ്ങൾ കർമ്മനാം ഏകസിയ ജന്തു ആരംഭകത്ത് സ്വീകരിക്കുന്നു അതെല്ലാം എന്ത് ചെയ്യുന്നു ഓരോ കർമ്മങ്ങളും ഓരോരോ ജന്മത്തെ ആരംഭിക്കുന്നു മനുഷ്യനായി മൃഗമായി പക്ഷിയായി ഇങ്ങനെ ഓരോരോ ജന്മത്തിനത് കാരണമായി തീരുന്നു പ്രത്യേകസ്മിന് ജന്മനി സർവകർമ്മനാം ക്ഷയവും പദ്ധതി അതുകൊണ്ട് ഒരു ജന്മത്തിൽ സർവകർമ്മങ്ങളും ക്ഷയിക്കുന്നില്ല ബ്രഹ്മഹത്യാസ ഏകീകസ് കർമ്മണോ അനേക ജന്മാരംഭകത്വസ്മരണ ബ്രഹ്മഹത്യ പോലെയുള്ള കുടുംബാപങ്ങൾ അനുഷ്ഠിക്കുന്നവന് എന്താണ് അത് ഒരു കർമ്മം തന്നെ അനേക ജന്മത്തിന് കാരണമായി തീരുന്നു അനേക നീച ജന്മങ്ങളെ അവന് പ്രാപിക്കേണ്ടി വരുന്നു ബ്രഹ്മഹത്യ എന്ന് പറയുന്ന ഒരു ദുഷ്കർമ്മങ്ങൾ ബ്രഹ്മഹത്യാദികശി കർമ്മ ഒരു കർമ്മത്തിന് അനേക ജന്മാരംഭകത്വ സ്മരണ സ്ഥാപരാധിപ്രാപ്താനാം ച അത്യന്തൂ ഉത്കർഷഹേതംഭകത്വ അസംഭവ അത് മാത്രവുമല്ല ഇവിടെ തിരിച്ചു വന്ന മനുഷ്യനായിരിക്കണമെന്ന് യാതൊരു ഉറപ്പു സ്ഥാവരാതി ജന്മത്തെ പ്രാപിക്കാം വൃക്ഷലതാദികളെ പ്രാപിക്കാം പശുപക്ഷാതിരൂപത്തെ പ്രാപിക്കാം അവിടെ അത്യന്ത മൂഠാനാം അവിടെ ഉത്കർഷഹേതോഹ കർമ്മനാരംഭകത്വ സംഭവം അവന് ഉത്കർഷത്തിനുള്ള ഒരു കർമ്മം പിന്നെ അവിടെ ഉണ്ടാകുന്നില്ല ഒരു സത്കർമ്മം ചെയ്ത് ഇനി ചന്ദ്രമണ്ഡലത്തിലേക്ക് പൊയ്ക്കളയാ നാശിക്കാൻ അവിടെ യാതൊരു കഴിയും കർമ്മമേയില്ല ആ ജന്മങ്ങളെല്ലാം എന്തിനുവേണ്ടി മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിച്ച് ആ ശരീരത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഉത്കർഷത്തിനവിടെ യാതൊരു ഹേതുക്കണമില്ല ഗർഭൂതാനംസമാനം കർമ്മസംഭവേ സംസാര അനുപത്തി തസ്മാനൈകസ് ജന്മനി സർവേഷ കർമ്മണം ഉപോക ജീവന്റെ സ്വഭാവം എന്താണ് അത് ഓരോ ജന്മത്തെ പ്രാപിക്കും ആ ജന്മപ്രാവണം എന്നു പറയുന്നത് എന്താണ് ആദ്യം അത് ഗർഭരൂപത്തിലാകും പിന്നീട് ജനന ഇതവിടെ ചൂടി ജനനം എന്ന് പറയുന്നതാണ് ഗർഭഭൂതാനം ശ്രംസമെന്നാണ് ആദ്യം ബീജരൂപത്തിൽ ഗർഭസ്ഥ ശിശു ആകുന്നു അവിടെ നിന്ന് നീണ്ടും അവന്റെ യാത്ര തുടരും അങ്ങനെയുള്ള ഈ ജീവന്മാർക്ക് കർമാസംഭവേ കർമ്മം ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ സംസാരവനുഭവത്തിൽ പിന്നീട് അവർക്ക് അതുകൊണ്ട് തസ്മന്നേകസ്മിൻ ജന്മിന് സർവേഷം കർമ്മണം അതുകൊണ്ട് ഒരു ജന്മത്തിൽ സർവകർമ്മങ്ങളെയും അനുഭവിക്കുക ഫലത്തെ അനുഭവിക്കുക സാധ്യമല്ല ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം മാത്രം ഈ അനുഭവം ഇങ്ങനെ ഈ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നത് മറ്റുള്ള കർമ്മങ്ങളെ ഫലം കൊടുക്കുന്നതിന് തടസ്സമായിട്ടാണ് ഈ ശരീരം അതിന് പ്രതിബന്ധകമാണ് ഈ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തിന് കാരണമായ കർമ്മത്തിന്റെ മാത്രം ഫലമാണ് അനേക കർമ്മങ്ങൾ അനേക ശരീരത്തിന് കാരണമായ കർമ്മങ്ങൾ അവിടെ ഒളിച്ചിരിക്കണം പക്ഷെ അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഈ വർത്തമാന ശരീരം അതിന് പ്രതിബന്ധകമാണ് എപ്പോഴാണോ ഈ ശരീരം നശിക്കുന്നത് പ്രതിബന്ധം മാറുന്നത് അപ്പോൾ സർവകർമ്മങ്ങളും അടുത്ത് ഫലം കൊടുക്കുന്നതിന് തയ്യാറാവും ഞാൻ ഞാനെന്നുള്ള രീതിയിൽ എല്ലാവരും തള്ളിക്കയറും അടുത്ത് എനിക്ക് പ്രവർത്തിക്കണം എനിക്ക് എനിക്ക് പ്രവർത്തിക്കണം എന്നുള്ള വാശിയോടുകൂടി എല്ലാ കർമ്മങ്ങളും വരും എല്ലാ കർമ്മം എന്ന് പറഞ്ഞാൽ അനന്തമായ കർമ്മങ്ങൾ വരുമ്പോൾ പിന്നെ അവിടെ അടുത്ത് ആർക്കാണോ മുൻഗണന കിട്ടുന്നത് ആ മുൻഗണനാ ക്രമത്തിൽ അടുത്ത ശരീരത്തിന് കര ഹേതുവായിരിക്കുന്ന കർമ്മം പ്രവർത്തിക്കുന്നു അത് പ്രവർത്തിച്ച് ശരീരം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ഉടൻ തന്നെ മറ്റുള്ള കർമ്മങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാവും പ്രതിബന്ധമാവും മറ്റുള്ള കർമ്മങ്ങളെ അഭിഭവിപ്പിക്കും മറ്റുള്ള കർമ്മങ്ങൾ തന്നെ അവിടെ ശാന്തമാവും അത് പിന്നും അവസരം നോക്കിയിരിക്കും എന്നാണോ ഈ ശരീരം നശിക്കുന്നത് ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന ആ കർമ്മം ക്ഷയിക്കുന്നത് അപ്പോൾ ഈ കർമ്മം നശിക്കും ആ കർമ്മം നശിക്കുമ്പോൾ ഈ ശരീരം നശിക്കുന്നു ഉടൻ മറ്റു കർമ്മങ്ങൾ അനന്തകർമ്മങ്ങൾ വീണ്ടും ഈ ഫലത്തെ തയ്യാറായി മത്സരിക്കും അവിടെ മുൻഗണനാക്രമത്തിൽ ഒരു കർമ്മം പ്രവർത്തിക്കും അതിന് ശരീരം അതിന് അതിന്റെ ഫലമായ യോഗ്യമായ മറ്റൊരു ശരീരം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതാണ് സിദ്ധാന്തം ഇതിൻ്റെ കൂടെ ചോദ്യം ചെയ്യുകയും എത്തുകയെ ശിതേ സർവകർമാശയം പ്രായണേ കർമ്മണം ജന്മാരംഭകത്വം തത്ര കാനുജിത് കർമാണി അനാരംഭകത്വനെയോ തിഷ്ഠന്തി കാണിജിത് ജന്മ ആരംഭന്തിന് ശരംഗ പറയുന്നത് അങ്ങനെയല്ല മുമ്പ് കൃത്യകാരനും മറ്റും ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ അവർക്കഭിപ്രായം വേറെ എന്താണ് സർവകർമാശ്രയ ഓമർദ്ധേന സർവകർമ്മങ്ങളുടെയും നിങ്ങളും അതിന്റെ ആശ്രയത്തോടു കൂടിയാണ് നശിക്കുന്നത് അങ്ങനെ പറയാനെന്താ ഒരു യുക്തി പറയുന്നത് ഈ കർമ്മത്തെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം എവിടെയാണക്കുന്നത് ഈ ശരീരത്തിലാണ് ഈ ശരീരം തന്നെ കർമാശ്രയം നശിച്ചു പോകും അതാണ് മരണം മരണത്തോടുകൂടി ശരീരം ഏതെങ്കിലും തരത്തിൽ നശിക്കും ദഹിച്ചോ കൊഴുത്തോ ഏതെങ്കിലും ശരീരത്തിൽ ഈ കർമ്മം നശിച്ചുപോയി അപ്പൊ ആശ്രയിച്ചിരിക്കുന്ന ഈ ശരീരത്തെയാണ് ഈ ശരീരം നശിക്കുമ്പോൾ കർമ്മങ്ങൾ നശിക്കേണ്ടതാണ് പിന്നെന്താ കർമ്മത്തിനാശ്രയി കാരണം കർമ്മഫലം പ്രകടമാകുന്നത് ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് സമാനാധികരണമാണ് അതുകൊണ്ടവർ പറയുന്നത് കർമ്മത്തിനും ആശ്രയവും ശരീരം തന്നെ ആയിരിക്കണം ഫലം ഇവിടെ തന്നെ പ്രകടമാകുന്നു സർവകർമ്മങ്ങളും ശരീര നശത്തോടുകൂടി നശിക്കും ചോദിക്കും എന്താണ് പിന്നെ അടുത്ത ശരീരം അടുത്ത ശരീരത്തിന് അടുത്ത ജന്മത്തിന് കാരണമായ ഏതോ കർമ്മം അത് മാത്രം ശേഷി അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ ഈ ശരീര നാശത്തോടുകൂടി എല്ലാം അവസാനിക്കും അങ്ങനെ കരുതുന്നവരുണ്ട് രണ്ടു കൂട്ടികളുണ്ട് പറയുന്ന ഈ ശരീരം ശരീരത്തിന് കാരണം കർമ്മമായി കണ്ടിട്ട് ആ കർമ്മം ഇപ്പം ഈ ശരീരത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് ശരീരം നശിക്കുന്നു സർവവും അവസാനിക്കുന്നു മോക്ഷം ചന്ദ്രലോകത്തിനൊക്കെ സംഭവിക്കാം ഇതൊക്കെ പക്ഷാന്തരങ്ങളാണ് ചിലരങ്ങനെ ചിന്തിക്കുന്നു തത്ര കാനുജി കർമാണി അനാരംഭകത്വ തിഷ്ഠന്തി കാണിജി ജന്മ ആരംഭന്തി ഇതിനൗപദ്ധ്യത അതുകൊണ്ട് ചില കർമ്മങ്ങൾ ഫലത്തെ ചില കർമ്മങ്ങൾ ഫലത്തെ കൊടുക്കാൻ കാത്തിരിക്കുന്നു മുമ്പ് പറഞ്ഞതു ചില കർമ്മങ്ങൾ അടുത്തൊരു ശരീരത്ത് കൊടുക്കാൻ തയ്യാറാകും ബാക്കിയുള്ളത് കാത്തിരിക്കുമെന്നെല്ലാം പറഞ്ഞല്ലോ ഇതിൻ്റെ ശരിയല്ല മരണസ്യ സർവകർമ്മ അഭിവ്യഞ്ജക അഭിവ്യഞ്ചക പ്രദീപത് മരണമെന്ന് പറയുന്നത് എങ്ങനെയാണോ ദൈവം അതിന് ഗോചരമായിരിക്കുന്ന സർവത്തെയും അതിന് സമീപത്തിലിരിക്കുന്ന സർവത്തെയും അത് പ്രകാശിപ്പിക്കുന്ന മരണം സർവകർമ്മത്തെയും ഒരുമിച്ച് വ്യഞ്ചിപ്പിക്കുന്നു അതിനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ വ്യഞ്ചിപ്പിച്ച രണ്ട് സംഭവിക്കും ഒന്നിൽ സർവത്തെയും നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിന് കാരണമായി തീരുന്നു അത്രമാത്രം അതിനൊക്കെ യുക്തിഭംഗങ്ങളുണ്ട് അതുകൊണ്ടു പറയുന്നു തദ്ദേശം ശരിയല്ല സർവസ് സർവാത്മകത്വ്യമാണ് സർവവും സർവാത്മകമാണ് മധുബ്രാഹ്മണത്തിൽ പറയുന്നു ബ്രഹധാരണത്തിൽ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇം പൃഥി സർവേഷാം ഭൂതാനാം മധു അസി പൃഥ്വി സർവാണി ഭൂതാനി മധു ഈ ഭാഗത്തെയാണ് മധുബ്രാഹ്മണമെന്ന് പറയുന്നത് ഇവിടെ എന്താണ് പറയുന്നത് ീ സർവ്വപ്രാണികളും പൃഥിവിടെ മധുവാണ് മധു എന്ന് കാര്യമാണ് സർവപ്രാണികളും പൃഥിടെ മധുവാണ് എന്ന് പറയുന്നത് കുറച്ചൊന്നും അപ്പോൾ ഈ പൃഥിവിനോടും പറയുന്നതാണ് ഈ പൃഥിവി സർവപ്രാണികളെയും മധുവാണ് കാര്യമാണ് നമ്മൾ സാറ് ചോദിക്കുന്നു വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടായോ അത് തന്നെ വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടായോ ചോദിക്കാം അതിന് സമാനം പറയണെന്താണ് സർവം സർവാത്മകം രണ്ട് സംഭവിക്കുന്നു പൃഥിവിയിൽ നിന്ന് സർവപ്രാണിജാതമുണ്ടാകുന്നു സർവപ്രാണിജാതെന്നും ഈ പൃഥ്വി ഉണ്ടാവുന്നു സർവം സർവാത്മകം എന്ന് പറയുന്നത് തന്നെയായിരുന്നു ഇന്നതിന്റെ കാര്യം ഇന്നത് ഇന്നത് കാരണം ഇന്നത് കാര്യം എന്ന് നിശ്ചയിക്കാൻ വയ്യ വ്യവഹാര പ്രപഞ്ചത്തിൽ എന്തുകൊണ്ട് എല്ലാം പരസ്പരം കാര്യകാരണങ്ങളായിരിക്കുന്നു സർവതിന്റെ കാരണം ഇത് കാരണം ഇത് കാര്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല സർവവും പരസ്പരം കാര്യ കാരണമായിരിക്കും ഇങ്ങനെ പഞ്ചഭൂതാത്മകമായിരിക്കും ആ തരത്തിലാണ് പഞ്ചഭൂതാത്മ എന്നുള്ള നിലയ്ക്ക് എന്താണ് പിതാവ് കാരണമല്ലേ പുത്രന് പുത്രൻ കാര്യമില്ലേ പിതാവിന് ഒക്കെ സർവവും സർവത്തിനും എന്താ പുത്രൻ പിതാവിന് കാരണമാകും അതിങ്ങനെ സംഭവിക്കും അതാണ് പിതാവ് പുത്രനും കാരണമാണോ പുത്രനും പിതാവിനും കാരണമാണോ എങ്ങനെ പഞ്ചഭൂതാത്മകമായി പഞ്ചഭൂതാത്മകമായിരിക്കുമ്പോൾ എന്താണ് ഒരേ ഭൂതം തന്നെയാണ് പിതാവായി പ്രണവിച്ചത് അതേ ഭൂതം തന്നെ പുത്രനായി അതേ ഭൂതം വീണ്ടും പിതാവായി പ്രണമിക്കുന്നു ഈ അനന്തമായ പ്രണാമത്തിൽ ഇന്നത് കാരണം ഇന്നത് കാര്യമൊന്നും എവിടെയെങ്കിലും വെച്ച് നിർത്തി ചിന്തിക്കാൻ പറ്റത്തില്ല അവസാനിപ്പിക്കാൻ പറ്റത്തില്ല സർവവും സർവത്തിനും കാരണവുമാണ് സർവ്വവും സർവത്തിനും കാര്യവുമാണ് വൃക്ഷത്തിനൊന്ന് അതിന്റെ ഇലയും പൂവും കായും ഉണ്ടാവും അതെല്ലാം പിന്നീട് വൃക്ഷമായി മാറും ഇതെവിടെ ഇതിന് തുടക്കമുണ്ടോ ഇല്ല പറയും അത് ക്ഷത്തിന് കാരണമാകുന്നില്ല ഒരു വൃക്ഷത്ത് പ്രത്യേകിച്ച് എടുക്കാൻ കഴിയത്തില്ല കാരണം ആവശ്യം മറ്റെ ഇലകളുടെ കാര്യമാണ് അത് ആ വൃക്ഷത്തെ എടുത്തു കഴിഞ്ഞാൽ അതൊരു കാലത്ത് അത് വൃക്ഷമായിരുന്നു മറുകാലത്ത് അത് ഇലയായിത്തീരുന്നു രേലെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് വൃക്ഷമായിരിക്കും മറ്റു സമയത്ത് അത് ഇലയാകും എവിടെ കാര്യകാരണത്തിന് അനാദിയായി പ്രപഞ്ചത്തിൽ ഈ പഞ്ചഭൂതങ്ങളുടെ കാര്യകാരണ ബന്ധത്തിന് ഇവിടെ ഒരു തുടക്കം എടുന്ന തുടക്കം ഇടാൻ പറ്റും ആ ഈ വിഷയത്തിൽ നിന്നും ഈ ഇലയുണ്ടായി സാധ്യമല്ല അതുകൊണ്ടെന്താണ് ശ്രമം സർവാത്മകം പ്രപഞ്ചത്തെ സംബന്ധിച്ച് അതേ പറയാൻ പറ്റും പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ച് ഇതാണ് മുഖ്യമായ ശ്രദ്ധ കാര്യകാരണവാദത്തേക്കും ഭാഷക്കാരൻ തന്നെ വളരെ വ്യക്തി വിക്തമായി സമർത്ഥിക്കും എന്തിന് മറ്റുള്ളവരെ നിഷേധിക്കാൻ വേണ്ടി കാര്യകാരണ ബന്ധിത്വം നിഷേധിക്കുന്ന ബൗദ്ധന്മാരെയും മറ്റും നിഷേധിക്കാൻ വേണ്ടി പരമാർത്ഥ സിദ്ധാന്തം എന്താണോ ഇവിടെ അങ്ങനെ ഒരു കാര്യം ഒരു കാരണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾ കാരണമെന്ന് പറയുകയാണെങ്കിൽ സർവത്തെയും അങ്ങനെ വിളിക്കേണ്ടി വരും കാര്യമെന്ന് പറഞ്ഞാൽ സർവത്തെയും അത് പറയേണ്ടി വരും ഈ തത്വം മതബ്രാഹ്മണ സിദ്ധാന്തമനുസരിച്ച് സർവസ്യ സർവാത്മകത്വത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ സർവസ്യ സർവാത്മകത്തെ ദേശകാല സർവാത്മനോ ഉപമർദ്ദി സർവാത്മന അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒന്നിനും സമ്പൂർണമായി ഇല്ലായ്മയോ ഏതെങ്കിലും ഒന്നിന് നൂതനമായ ഉൽപ്പത്തിയോ അത് സാധ്യമാണ് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ ഏതാ സമ്പൂർണമായും നശിക്കുന്നത് ഒരു വൃക്ഷത്തിന്റെ നാശം എന്ന് പറയുമ്പോൾ അടുത്തൊരു വൃക്ഷത്തിന്റെ തുടക്കമാണ് വൃക്ഷമായി നിലനിൽക്കാൻ വേണ്ടിയാണ് വൃക്ഷരൂപത്തെ പിടിയുന്നത് അടുത്ത വൃക്ഷമായിട്ട് ഭൗതികമായി ക്ഷരൂപത്തിന് പരിണാമങ്ങൾ സംഭവിച്ച് ഉടൻ തന്നെ മറ്റൊരു വൃക്ഷരൂപത്തിന് വീണ്ടും അതുകൊണ്ട് സർവാത്മനാപമർദ്ദ പൂർണ്ണമായ നാശാങ്ങനൊന്ന് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നു അളദിനെ സംഭവിക്കുന്നു വള്ളത്തിൽ കുതിർത്താനും അഗ്നിയിൽ ഒന്നും നശിക്കുന്നു കേവല മാത്രം അതാണ് സർവാത്മനാപമർദ അത് സംഭവിക്കുന്നില്ല അത് കസ്റ്റൊന്നിനും പൂജ്യത്തോര സ്ഥലത്തും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ നിയമത്തിന് പ്രപഞ്ചത്തിന്റെ ഈശ്വരീയമായ ഈ നിയമത്തിന് മാറ്റം വരുന്നതായി ആരും ഇതുവരെ കണ്ടിട്ടില്ല പിന്നെന്താ നിങ്ങൾ ഉത്പത്തി നാശം എന്നൊക്കെ പറയുന്നതിന് അർത്ഥമുള്ളത് അതുപോലെ അഭിവ്യക്തി പ്രകടഭാവം ജനനം ജന്മം അതിന്റെ സ്ഥിതി എന്താണ് ഇതുവരെ ഇല്ലാതിരുന്നിട്ട് ഇപ്പോൾ ഞാൻ ജനിച്ചു ജനനം എന്നുള്ളത് കൊണ്ട് ഈ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ശരീരം എത്രയോ തവണ ജനിച്ചിരിക്കുന്നു ഈ ശരീരം ജനിക്കുന്നത് കാരണം ഇത് പഞ്ചഭൂതാത്മകമാണ് ജനനം എന്ന് പറയുന്നു പഞ്ചഭൂതത്തിന്റെ പരിണാമം മാത്രമാണ് പഞ്ചഭൂതങ്ങൾ സദാക്ഷണം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ പരിണാമ രൂപത്തിലുള്ള ജന്മം പഞ്ചഭൂതങ്ങൾക്ക് സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഇതിൻ്റെ തുടക്കം അത് പറയാൻ വയ്യ ഇതിൻ്റെ കാരണം പറയാൻ വയ്യ ഇതിന് അതിൻ്റെ കാര്യമൊന്ന് നിർണ്ണയിക്കാൻ വയ്യ അതുകൊണ്ട് ഇന്ന് ഉപമർദ്ദ അഭിവ്യക്തിരോ സർവാത്മനാണ് ഭൂമത്തിലേ അതുപോലെ തന്നെയാണ് കർമ്മത്തിൻ്റെ സ്ഥിതി അതുകൊണ്ടെന്താണോ ഇതൊന്നും അങ്ങനെ നശിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു വരുന്നത് കർമ്മങ്ങൾ നശിക്കുന്നില്ല ജന്മം ഒരു തുടക്കമല്ല അതൊരു തുടർച്ച മാത്രമാണ് മരണം ഒരവസാനമല്ല അതൊരു തുടർച്ച മാത്രമാണ് ഉദാഹരണപ്രാജ പൂർവ്വ അനുഭൂത മനുഷ്യ മയൂര മർക്കടാദി ജന്മ ർമാണി അന്യജന്മപ്രാപ്തിനിമിമൃന്തിർ പൂർവജന്മാസനുരൻ മർക്കന്മ നിമിത്മാരേ മർക്കടസ് ജാത മാതൃശ്രീ മാധു ശാഖായാഹ ശാഖാന്തര ഗമിനി മാധുരുമ്പലത്വാദി കൗശലോദി ഇതെല്ലാം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ തുടങ്ങുമെന്നാണ് ചോദിക്കുന്നത് അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണ് ഒരു ജീവനെടുക്കുക ആ ജനിക്കൽ മനുഷ്യൻ തന്നെ വേണമെന്നുല്ല മർക്കടത്തെയാണ് ഇവിടെ ഭാഷകാരം ഉദാഹരണമായിട്ട് എടുക്കുന്ന പോരങ്ങനെ ഗുരുവാനുഭൂത ആ ജീവൻ കുരങ്ങനായി ജനിക്കുന്നു അനേക ജന്മങ്ങളിൽ സമ്പാദിച്ച മയൂര മർക്കടാ മനുഷ്യർ മുൻപ് മനുഷ്യനായിരുന്നു മർക്കടമായിപ്പോ മയൂരമായിരുന്നു അത് പ്രാസമനുസരിച്ച് പറയുകയാണ് മനുഷ്യ മർക്കടമായി പല ജന്മങ്ങളെന്ന് എവിടെ സമ്മതിക്കുന്നുണ്ട് ഭാഷകാരണം എന്താണ് മർക്കടം മനുഷ്യനാകാം കുരങ്ങം മനുഷ്യനാകാം മനുഷ്യൻ കുരങ്ങനുമാകാം എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ എന്നാൽ ഈ മനുഷ്യനായി ഒന്നിത് അവസാനിക്കുകയല്ല വീണ്ടും കുരങ്ങനായി മാറും അതിന് കാരണം മനുഷ്യൻ കാണുന്നത് എന്താണോ ഈ മനുഷ്യന്റെ നാശം അവൻ കാണുന്നുണ്ടോ ആ നാശത്തിന് ശേഷമുള്ള ആ മനുഷ്യന്റെ ജന്മത്തെ അവൻ കാണുന്നില്ല അവൻ വീണ്ടും മർക്കടമായി ജനിക്കാം ഒരു ഒരു ജന്മം ഒരു മർക്കടം ജനിക്കുമ്പോൾ ഒരു കുരങ്ങൻ ജനിക്കുമ്പോൾ മുമ്പ് അവൻ പുരങ്ങനായിരുന്നു മനുഷ്യനുമായിരുന്നു മയൂരമായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ജന്മ അഭിസംസ്കൃത അങ്ങനെയുള്ള ജന്മങ്ങളുടെ സംസ്കാരത്തോടു കൂടിയാണ് അവനിപ്പോൾ കുരങ്ങനായി ജനിക്കുന്നത് വിരുദ്ധ അനേക പരസ്പര വിരുദ്ധമായ അനേക വാസനകളായിരിക്കുന്നത് മനുഷ്യജന്മത്തിന്റെ വാസന വേറെ മൃഗ ജന്മത്തിന്റെ വാസന വേറെ പക്ഷിജന്മത്തിന്റെ വാസന വേറെ അല്ലെങ്കിൽ തന്നെ പുരുഷന്റെ വാസന വേറെ സ്ത്രീയുടെ വാസന വേറെ ധാർമ്മികന്റെ വാസന വേര് ദുർമാർഗിയുടെ വാസന വേറെ ഇത്തരത്തിൽ വിരുദ്ധങ്ങളായ അനേക വാസനകളോടുകൂടി ആണവനിരുന്നതെങ്കിലും അവന് ശക്തമായ വാസന എന്താണ് മർക്കടത്ത് പ്രവകീന കർമ്മ ഈ മർക്കട ജന്മം ലഭിക്കുന്ന കർമ്മമുണ്ടായി മർക്കട ജന്മ ആരംഭമാണേന്ന് അവനും മറക്കട ജന്മം കിട്ടി അതുകൊണ്ട് മുമ്പുള്ള അവൻ്റെ എന്താ വാസനകളും നശിക്കുന്നില്ല ചിലർ കഥാണ് സമ്മർദ്ദിക്കേണ്ടത് ഈ ജന്മം ഇതോടുകൂടി എല്ലാം അവസാനിക്കുന്നു അതെങ്ങനെയാകും കർമ്മം കൊണ്ടായിരിക്കാം എന്തുകൊണ്ടോ ഇതോടുകൂടി സർവീനില്ല അതിന് ഭാഷകാരൻ സ്വന്തം ചെയ്യാൻ അങ്ങനെയല്ല മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ न न ും അതവിടുത്തെ മുമ്പുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കുക മുമ്പുണ്ടായിരുന്നു സമർത്ഥിച്ചേ പറ്റും അത് അംഗീകരിച്ചേ പറ്റും മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇനിയും ഉണ്ടാവും തഥാ കർമാണിയപ്പി അന്യജന്മപ്രാപ്തി നിമിത്താന് ഇന്ന ഉപമർദ്യന്റെ അതുകൊണ്ട് ഒരു ജീവൻ ജനിക്കുമ്പോൾ അത് മനുഷ്യനായാലും ശരി മറക്കടമായനുസരിച്ച് അവനിൽ അന്യജന്മത്തിന് നിമിത്തമായ അനേകർമ്മങ്ങൾ അവിടെ ഇരിക്കും അതിന് നാശം സംഭവിക്കുന്നില്ല എന്ത് അതിന് യുക്തിയുണ്ട് എന്താണ് യുക്തി എന്നീ സർവ്വാപൂർവ്വ ജന്മ അനുഭവവാസനവും ജീവൻ അങ്ങനെ സംഭവിക്കുകയാണ് ജനനത്തോടുകൂടി എല്ലാം നശിക്കുന്നു കർമ്മവാസനകളെല്ലാം നശിക്കുന്നു ജനിക്കുന്നു ഈ ജന്മം അവസാനിച്ചു അതുകൂടി സർവസാനിച്ചു ദീപം അണഞ്ഞതുപോലെ പിന്നെ ഒന്നു ശേഷിക്കുന്നില്ല എന്ന് വന്നാണ് എന്താണ് മർക്കട ജന്മ നിമിത്തേന കർമ്മണ മർക്കട ജന്മ ന്യാരേ ഒരു ഉദാഹരണം മാത്രം എടുക്കുക മർക്കട ജന്മത്തെ തന്നെ എടുക്കുക അത് അതിന് കാരണമായ കർമ്മം കൊണ്ടത് മർക്കടമായി ജനിച്ചു ജനിക്കുമ്പോൾ എന്താണ് കാണുന്നത് മർക്കടസ് ജാത മാതൃസ്യ ആ മർക്കടത്തെ അതിൻ്റെ അമ്മ പ്രസവിച്ചു ആ നിമിഷം മാശാഖായ ശാഖാന്തര ഗവനെ അടുത്ത നിമിഷം ആ തള്ളക്കുരങ്ങ് ഇരുന്നിടത്ത് നിന്ന് അടുത്ത ശരീരത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അതിന്റെ പള്ളയിൽ ഈ കുഞ്ഞും കാണും അള്ളിപ്പിടിച്ചിരിക്കും എന്നാണ് മാതൊരു ഉദരസംരം ജനത്വാദി കൗശലം അത് കാണുന്നുണ്ട് അതിനധികം താമസമൊന്നും വേണ്ട കുരങ്ങൻ അവിടെ നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം ചെയ്യും ഈ കുട്ടിക്കുരങ്ങന്റെ വയറ്റിൽ പൊങ്ങി പിടിക്കും എന്തുകൊണ്ട് അതിന് അതിനനുമാനിക്കാൻ കഴിയത്തില്ല അതിനുള്ള ശേഷിയില്ല ബുദ്ധിക്ക് വികാസം പ്രാവശ്യമില്ല എന്നീ അമ്മ ചാടിക്കഴിഞ്ഞാൽ ഞാൻ കൂടെ ചാടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോകും മറ്റേ ജീവിതം തന്നെ ഉപദ്രവിക്കും അതുകൊണ്ട് ചാടുമ്പോൾ അമ്മയുടെ വയറ്റിൽ മുറുകെ പിടിക്കണം ഇതെന്നും ചിന്തിച്ച് തീരുമാനിക്കാനുള്ള സമയമോ ബുദ്ധി കൗശലമോ അനുമാന യുക്തികളോ ഒന്നും അതിൻ്റെ കയ്യിലല്ല പക്ഷെ ഇതുകൂടെ സംഭവിക്കുന്നു ആ ജീവനെ അതിജീവിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം അതിനെ നിലനിർത്തുന്നതിനുള്ള ഒരു ശ്രമം ജാഥ മാത്രമേ ജനന സമയത്ത് തന്നെ കാണുന്നു ഈ കൗശലം ഇതിനെവിടുന്ന് കിട്ടി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് അത് തന്നെ ജനിച്ച സമയം തന്നെ കരയുക വിരുദ്ധമായ കാര്യങ്ങളെ കണ്ട് ഭയക്കുക ഒക്കെ എന്താണ് തൻ്റെ നാശത്തെ ദുഃഖത്തെ ഒക്കെ സ്മരിച്ചിട്ടാണ് ഈ വിരുദ്ധമായിരിക്കുന്നതെല്ലാം എനിക്ക് ദുഃഖത്തെ ഉണ്ടാകുന്നതാണ് ഭയുന്നു കരയുന്നു ഉള്ള ശേഷി ഇതിനെവിടെ നിന്ന് കിട്ടുന്നു പൂർജന്മത്തിൻ്റെ അനുഭവത്തെ സ്മരിച്ചിട്ടാണ് പ്രതികൂലമായ ദുഃഖമുണ്ടാക്കുന്നു അതുകൊണ്ട് അതിനെ ഭയക്കുന്നു ഭയന്നിട്ട് കരയുന്നു പ്രതിവിധി ചെയ്യാൻ ശേഷിയില്ലാതെ അത് പൂർവ്വജന്മാനുഭവം അല്ലാതെ ഇത് ഇതെങ്ങനെ സംഭവിക്കുമെന്നോ നമ്മൾ സാധാരണ പറയുന്ന സഹജമാണ് ജന്മനാ സഹജം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം കൂടെ വന്നത് കൂടെ വന്നതെന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്നു എന്നാണ് സഹജം സഹജാതോ അതിനോടൊപ്പം വന്നത് അതിനോടൊപ്പം വന്നതെന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്നല്ലേ വരാൻ പറ്റും മുമ്പുണ്ടായിരുന്നു അപ്പോൾ ആ മർക്കട ശിശുവിന് ആ സംസ്കാരം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഭയത്തെക്കുറിച്ചുള്ള സ്വന്തം നാശത്തെക്കുറിച്ചുള്ള പ്രതികൂലതകളെ എല്ലാ സംസ്കാരവും ഉണ്ടായിരുന്നു ആ സംസ്കാരങ്ങൾ ഒന്നുചേർന്ന് അതിനെക്കുറിച്ച് അതിനെ കൊണ്ട് ആ പ്രവൃത്തിയാണ് അത് സഹജമായി ചെയ്യുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജഡമായ ഒരു വസ്തുവിന് എന്തെങ്കിലും ചലനം പ്രകടിപ്പിക്കാനോ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അതൊട്ട് ശ്രമിക്കാറില്ല ഇതെങ്ങനെയുണ്ട് അത് ചെയ്താണ് മറക്കളുടെ ജന്മം കെട്ടിയിട്ട് കൂടി അതിൻ്റെ പൂർവ്വ സംസ്കാരം അതിന് രക്ഷയ്ക്കുള്ള ഉപായങ്ങൾ കാണിച്ചു അതുകൊണ്ട് അതിൻ്റെ സാഹചര്യത്തിനും അതിൻ്റെ ശരീരഘടനയ്ക്കുമൊക്കെ അനുസരിച്ച് അതിന് ചെയ്യാവുന്ന രക്ഷയ്ക്കുള്ള ഉപായം എന്താണ് തൻ്റെ അമ്മയുടെ വയറ്റിൽ തോന്നുന്നു അല്ല ഇതൊരടയാളമാണ് ഇത് ജനിച്ചക്കോ ഇതിനോടൊപ്പം പലതും കൂടെ വന്നിരുന്നു അതിൽ സഹജമായി പലതും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരിക്കണമെങ്കിൽ അത് ഉണ്ടായിരിക്കണം ഇന്നും ഉണ്ടായിരുന്നതാണ് ഇപ്പം മരണഭീതി ദുഃഖ സ്മരണ പ്രതികൂല ഭാവന തുടങ്ങിയ സംസ്കാരങ്ങളെല്ലാം സർവ്വപ്രാണികൾക്കും ജനന മാത്രയിൽ തന്നെ കാണുന്നുണ്ട് മറക്കടത്തെ ഒരു ഉദാഹരണം പറഞ്ഞു അതിജീവനത്തിനുള്ള ശ്രമം ജനിച്ച കാണുന്നുണ്ട് ഓരോ ജീവികൾക്കും അതിൻ്റെ ശരീരമനുസരിച്ച് സാഹചര്യം അനുസരിച്ച് ഇത് പ്രകടമാകുന്നത് പൂർവ്വത്തിന്റെ തുടർച്ചയായിട്ടാണ് അതുകൊണ്ട് ആണു ഭാഷകാരൻ ഈ യുക്തിയിലൂടെ സമൃദ്ധിക്കുന്നത് ജന്മം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ് തുടർച്ചയാണെങ്കിൽ ജന്മത്തോടുകൂടി സർവ്വവും അവസാനിക്കുന്നില്ല ഇനി ഇത് തുടരും സംസാരം അനാദിയായി അനന്തമായി സർവ്വജീവന്മാരിലും തുടരുന്നു അതിനുള്ള യുക്തിയാണ് പറയുന്നത് പറയുന്നു അതിങ്ങോട്ട് ജനിച്ചു വന്ന ഉടൻ തന്നെ എന്തോ മനസ്സിലാക്കി പറയുന്ന അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഇഹ ജന്മനി അനഭ്യസ്ഥ ഈ ജന്മത്തിൽ അതിന് യാതൊരു അഭ്യാസമുണ്ടായി അഭ്യാസം എന്ന് പറയുന്നത് പൂർവ്വ പരിചയമാണ് ജനന മാത്രത്തന്നെ അത് അതിജീവനത്തിന് ഭയക്കുന്നു കരയുന്നു രക്ഷപ്പെടാൻ എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ അതിന് പൂർവാനുഭവമില്ല ഈ ജന്മത്തിൽ അഭ്യസിക്കാത്ത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൂർവ്വജന്മത്തിൽ അഭ്യസിച്ചതിന്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ അനുഭവത്തെയും യുക്തിയും നിഷേധിക്കേണ്ടത് മറിച്ച് അങ്ങനെയല്ല അനുഭവത്തിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണോ ഇത് ജന്മം പൂർവ്വജന്മത്തിന്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ എന്താണോ വികാരശൂന്യമായി അങ്ങനെ ജനിച്ച് ചലന്റെ രഹിതമായി ജനിച്ച് പിന്നെ അതെല്ലാം ആരംഭിച്ച് അങ്ങനെ ഇത് മുന്നോട്ട് പോകണം അങ്ങനെയല്ല ഇതെല്ലാ വികാര വിചാര ചലനങ്ങളോടുകൂടിയാണ് ഒരു ജീവി ജനിക്കുന്നത് അത് പൂർവത്തിൻ്റെ പ്രകൃത്യാണ് അതുകൊണ്ട് ജന്മത്തോടു കൂടി കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല മരണത്തോടുകൂടി കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല ഇത് പറഞ്ഞു വരുന്നതിന് ചന്ദ്രലോകത്തിലെത്തിച്ചേരുന്നവൻ ആ ജീവൻ അവിടുത്തെ കർമ്മഫലത്തെ അനുഭവിച്ച് ഇതോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല ശേഷിച്ച കർമ്മം കൊണ്ട് വീണ്ടും അവൻ ഭൂമിയിലേക്ക് വരുന്നു അതെങ്ങനെയാണോ ഈ ലോകത്ത് ജനന മരണങ്ങളിൽ ഓരോ ജീവന്മാർക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് പുനർജന്മം എന്ന് പറയുന്നതിന് ള്ള ഭാഷക്കാരൻ വളരെ യുക്തിയുക്തമായി സമർപ്പിച്ചിരിക്കുകയാണ്